ം അഞ്ച് അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രയേൽ ദേശത്ത് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തുവന്നു അവൾ തന്റെ യജമാനത്തിയോട് യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്നു പറഞ്ഞു അവൻ ചെന്ന് തന്റെ യജമാനനോട് ഇസ്രയേൽ ദേശക്കാരിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു നീ പോയി ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരെഴുത്ത് തരാമെന്ന് ് പറഞ്ഞു അങ്ങനെ അവൻ പത്ത് താലന്തു വെള്ളിയും ആറായിരം ഷേക്കൽ പൊന്നും പത്തുകൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ട് ചെന്നു അതിൽ ഈ എഴുത്തുകൊണ്ടുവരുന്ന എന്റെ ഭൃത്യൻ നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരുന്നു ഇസ്രായേൽ രാജാവ് എഴുത്തു വായിച്ചപ്പോൾ വസ്ത്രം കീറി അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമാവും നോക്കുവിൻ അവൻ ഇതിനാൽ എന്നോട് ശണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലെയോ എന്ന് പറഞ്ഞു ഇസ്രയേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീഷ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു നീ വസ്ത്രം കീറിക്കളഞ്ഞത് അവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നാൽ ഇസ്രയേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറയിച്ചു അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതുക്കൽ വന്നു നിന്നു എലീശ ആളയച്ചു നീ ചെന്ന് യോർദാനിൽ ഏഴു പ്രാവശ്യം കുളിക്കാം അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെപ്പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു അപ്പോൾ നയമാൻ ഏറ്റവും ക്രൂർത്തിച്ച് പുറപ്പെട്ടു അവൻ തന്നെ പുറത്തുവന്ന് അടുത്തുനിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൌഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു ദമ്മേശക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രയേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലെയോ എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്നു പറഞ്ഞു അവൻ ക്രോധത്തോടെ പോയി എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തുവന്ന് അവനോട് പിതാവേ പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാം എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്നു പറഞ്ഞു അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ ഏഴു പ്രാവശ്യം മുങ്ങി അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെ ആയി അവൻ ശുദ്ധനായി തീർന്നു പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങിവന്ന് അവന്റെ മുമ്പാകെ നിന്നു ഇസ്രയേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു ആകയാൽ അടിയന്റെ കൈയിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു അതിനവൻ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണെ ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്നു പറഞ്ഞു കൈക്കൊള്ളുവാനവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല അപ്പോൾ നയമാൻ എന്നാൽ രണ്ട് കോവർക്കഴുത ചുമട് മണ്ണ് അടിയനെ തരിവിക്കണമേ അടിയൻ യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഓമയാകവും ഹനനയാകവും ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ യജമാനൻ നമസ്കരിപ്പാൻ റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും റിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ അവനവനോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു അവനവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കൈയിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ യഹോവയാണെ ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അൽപ്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് കണ്ടപ്പോൾ രഥത്തിൽ അവനെ എതിരേറ്റു സുഖം തന്നെയോ എന്ന് ചോദിച്ചു അതിനവൻ സുഖം തന്നെ ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ രണ്ട് യൗവനക്കാർ യീം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്ക് ഒരു താലന്തു വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും തരേണമേ എന്ന് പറവാൻ എന്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദയ ചെയ്ത് രണ്ടു താലന്തു വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു നിർബന്ധിച്ച് രണ്ടു സഞ്ചിയിൽ രണ്ടു താലന്തു വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും കിട്ടി തന്റെ ബാല്യക്കാരിൽ രണ്ടു പേരുടെ കൊടുത്തു അവർ അത് അവന്റെ മുമ്പിൽ നടന്നു കുന്നിൻ അരികെത്തിയപ്പോൾ അവനത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചുവച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു അവർ പോകുകയും ചെയ്തു പിന്നെ അവനകത്തു കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു എന്നാറേലീഷ അവനോട് ഗേഹസ്യേ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അടിയൻ എങ്ങും പോയില്ല എന്നവൻ പറഞ്ഞു അതിനവൻ ആ പുരുഷൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടു കൂടെ പോന്നിരുന്നില്ലയോ ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം ഒലിവുതോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസിദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം ആകയാൽ നയമാന്റെ കുഷ്ടം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്നവനോട് പറഞ്ഞു അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടുപോയി